വനഭോജനത്തിന് ഭഗവാൻ ഗോപാലന്മാരുമായിട്ട് കാട്ടിൽ ചെന്നു കുട്ടികളുമായിട്ടുള്ള കൃഷ്ണന്റെ ലീലയെ ശ്രീശുഖപ്രഹ്മ മഹർഷി പറയുന്നത് കുട്ടികളൊക്കെ ബ്രഹ്മസുഖം അനുഭവിച്ചു എന്നാണ് ഇത്തം സതാം ബ്രഹ്മസുഖാനുഭൂത്യാ പരദൈവതേന മായാശ്രിതാം നരതാരകേന സാകം വിജഹ്രുഹൂ കൃത കുട്ടികളങ്ങനെ ഓടിക്കളിച്ചും കൃഷ്ണന്റെ അംഗസ്പർശം ചെയ്തും കുട്ടികൾ കൃഷ്ണനെ പിടിക്കാനായിട്ട് പുറകെ ഓടും കണ്ണനെ പിടിച്ചാൽ കെട്ടിപ്പിടിച്ചു ഉരുളും ഈ കളി രസമായി ഈ കളി വർണ്ണിച്ചുകൊണ്ട് പരീക്ഷത്തിൽ രസിച്ചിരിക്കുമ്പോൾ ശ്രീസുഖബ്രഹ്മ മഹർഷി പറഞ്ഞു ഇത് സാധാരണ കളിയാടല്ലാട്ടോ ബ്രഹ്മസുഖാനുഭവിക്കാം സാധാരണ ജ്ഞാനികളുടെ ശരീരം തന്നെ കോശം കോശവും ചിത്ശക്തി നിറഞ്ഞിരിക്കും അങ്ങനെ ഇരിക്കുമ്പോൾ ഭഗവാന്റെ അംഗസ്പർശം സ്വേച്ഛോപാപ്ത സ്വേച്ഛയാ സ്വീകരിച്ച പ്രത്യേക ആ ശരീരം നമ്മളുടെ ശരീരം തന്നെ സങ്കൽപ്പ നമുക്ക് വാസ്തവത്തിൽ ശരീരം ഉണ്ടെന്ന് തോന്നുന്നു അത്രയുള്ളൂ തത്വം അറിഞ്ഞാൽ ശരീരം തന്നെ ചിന്മയമാണ് ഓരോ കോശത്തിനെയും അന്വേഷിച്ച് ചെന്നാൽ അവിടെ ബോധമേ ഉള്ളൂ ഭഗവാനേ ഉള്ളൂ ഇത് അനുഭവപ്പെടുന്തോറും ശുദ്ധമായിക്കൊണ്ടിരിക്കും ഇവിടെ ഭഗവാന്റെ അംഗസ്പർശം ഏൽക്കുമ്പോ ഈ ഗോപന്മാർക്കൊക്കെ സമാധി സുഖാനുഭവമാണ് ആ സമയം അവിടെ ഒരു അസുരൻ വന്നു അഘാസുരൻ അഘം എന്ന് വെച്ചാൽ പാപെന്നർത്ഥം പാപം മൂർത്തി ഒരു അസുരൻ കുട്ടികളെ കണ്ണടച്ച് ഒളിച്ച് കളിക്കുക കൃഷ്ണൻ കണ്ണുകൂടി കുട്ടികളൊക്കെ പലയിടത്തുമായി ഒളിക്കാനായിട്ട് ചെന്നു അപ്പൊ കണ്ടു വലിയൊരു ഗുഹ കുട്ടികൾ പറഞ്ഞു ദാ പുതിയ ഗുഹ ഇവരൊക്കെ വൃന്ദാവനത്തിന് പുതിയതാണേ മറ്റൊരു ഗോപം പറഞ്ഞു ഗുഹയല്ല പാമ്പ് പാമ്പ് പോലെ ഉണ്ട് നോക്കൂ അല്ല പാമ്പ് പോലെയുള്ള ഗുഹ പാമ്പിന്റെ വായ പോലെ ഇവരങ്ങനെ തർക്കിച്ച് അവസാനം ഗുഹയാണെന്ന് തീരുമാനിച്ച അകത്ത് കയറുന്നു അപ്പം വായ അടച്ചില്ല എന്താ കൃഷ്ണൻ വരട്ടെ എന്ന് പറഞ്ഞ് നിന്നതാ ഭഗവാൻ അവിടെ വന്നു അന്വേഷിച്ചു വന്നു ഈ ഗോപക്കുട്ടികളും പശുക്കളും ഒക്കെ ഈ അകാസുരന്റെ വായിൽ പോയിട്ടുണ്ടെന്ന് കണ്ടു കൃഷ്ണനും കൂടെ ചെന്നു ചെന്നതും ഇവൻ വായടച്ചു ഇവന്റെ ശരീരത്തിനെ കീറിക്കൊണ്ട് ഭഗവാൻ പുറത്തു ഈ അകാസുരനിൽ നിന്നും ഒരു പ്രകാശം പുറപ്പെട്ട് കൃഷ്ണനിൽ ലയിക്കുകയും ചെയ്തു അകഭാപത്തിന് മോക്ഷം ഇവിടെ സാധാരണ പാപികൾക്ക് മോക്ഷം കേട്ടിട്ടുണ്ട് ഇവിടെ പാപത്തിന് തന്നെ മോക്ഷം അകത്തിന് തന്നെ മോക്ഷം അതെങ്ങനെ സാധിച്ചു എന്ന് വെച്ചാൽ അവൻ കൃഷ്ണനെ വിഴുങ്ങിയല്ലോ ഒന്നിൽ ഭഗവാൻ നമ്മളെ വിഴുങ്ങണം അല്ലെങ്കിൽ ഭഗവാനെ നമ്മൾ വിഴുങ്ങണം രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നടക്കണം ഒന്നിൽ ഭഗവാനെ നമ്മൾ വിഴുങ്ങണം ഭക്തന്മാർക്കൊക്കെ എങ്ങനെയാണ് ഭഗവാനെ കാണുമ്പോൾ വിഴുങ്ങണം എന്ന് തോന്നും നേത്രീഹി ശ്രോത്രേശ്വീത്വ എടുത്ത് വിഴുങ്ങണം എന്ന് തോന്നണം അടുത്ത് ചെല്ലുമ്പോഴോ അവനെടുത്ത് വിഴുങ്ങും അപ്പോ ഇവൻ എന്ത് ചെയ്തു കൃഷ്ണനെ വിഴുങ്ങി ഭഗവാനെ വിഴുങ്ങണം ചിലർക്ക് ഭഗവാന്റെ സ്വത്ത് വിഴുങ്ങും ദേവനെ വിഴുങ്ങണം ദേവസ്വം വിഴുങ്ങാൻ പാടില്ല ഭഗവാനെ വിഴുങ്ങണമെങ്കിൽ ഭഗവാനെ വിഴുങ്ങണമെന്ന് അങ്ങനെ എടുത്ത് വിഴുങ്ങിയപ്പോ പരിപൂർണ്ണ ശുദ്ധമായി സഗദ്യദംഗ പ്രതിമന്താ മനോമയീം ഭാഗവതീം ദം ഒരു പ്രതിമയെ വെച്ച് ആ പ്രതിമയിൽ മനോമയമായ പ്രതിമയിൽ ഭഗവാനെ ആരാധിച്ച് പരമഭാഗവത ഗതിയെ പ്രാപിക്കുമ്പോ വസ്തു തന്നെ ഉള്ളിൽ പോയാൽ എങ്ങനെയുണ്ടാവും സേവ നിത്യാസുഖാ നിത്യാസു നിത്യാത്മസുഖാനുഭൂത്യുതസ്തമായോ അന്തർഗിക്ക് പുനഃ ഈ അഖാസുരമോക്ഷത്തിനെ ഗോപന്മാര് ഒരു വർഷം കഴിഞ്ഞ് അവരവരുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞു ശുക്ര ശുഖബ്രഹ്മഹർഷിയും ഇങ്ങനെ ഒരു വിചിത്രമായ ഒരു കാര്യം പറഞ്ഞു ഒരു വർഷം കഴിഞ്ഞ് കുട്ടികൾ അവരവരുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞു അപ്പൊ പരീക്ഷ ഭഗവാനെ ഈ ഒരു വർഷത്തിനിടയിൽ എന്തായി ഒരു പാമ്പനൊക്കെ ഒന്നു എന്ന് പറയുന്നത് പറയാനിപ്പോ ഒരു വർഷമോ ഈ ഒരു വർഷത്തിന്റെ എന്തായി ിറ്റം സ്മപൃഷ്ട സതുപതാരായണീ തത്സ്മാരിതാനന്ദഹൃതാഖിലേന്ദ്രിയ നമ്മൾ ഇപ്പൊ ഭാഗവതം പറയണ പോലെയല്ല സുഖബ്രഹ്മ മഹർഷിയും പരീക്ഷിത് പരീക്ഷിത്ത് ചാതകം മഴമേഘത്തിന് നോക്കുന്ന പോലെ നോക്കിയിരിക്കണം ശ്രീ സുഖാചാര്യർ അങ്ങോട്ടോ എന്ന് പറഞ്ഞു നിൽക്കുകയാണ് എന്നുവെച്ചാൽ അല്പം ഭഗവത് സ്മൃതി ഉണ്ടായാൽ അദ്ദേഹത്തിന് ബാഹ്യപ്രജ്ഞ പോവും വളരെ വിഷമിച്ചാണ് ചവിട്ടിൽ നിന്ന് ഭഗവത് കഥ പറഞ്ഞുകൊണ്ടിരിക്കണത് രാമകൃഷ്ണ പരമം സർ പറയും ഒരിക്കൽ ഗംഗയിൽ കുളിക്കാൻ ചെന്നപ്പോൾ ഒരു കുടത്തിൽ ഒരു കുട്ടി ഒരു കൊച്ചു മത്സ്യത്തിനെ പിടിച്ചു വെച്ചിട്ടുണ്ട് രാമകൃഷ്ണദേവൻ ആ ഗംഗാ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ കുടത്തിനുള്ളിലുള്ള കൊച്ചു മത്സ്യം ഈ വെള്ളത്തിനുള്ളിൽ പുറത്തേക്ക് ചാടുന്നു അകത്തേക്ക് പോകുന്നു പുറത്തേക്ക് ചാടുന്നു അകത്തേക്ക് പോകുന്നു ഒരിക്കൽ ഈ മത്സ്യം ഈ കുടത്തിനുള്ളിൽ ഒരു ചാട്ടൻ ചാടി ഗംഗയിലേക്ക് പോകുന്നു ഇനി അത് അത് കണ്ടോടനെ രാമകൃഷ്ണദേവൻ സമാധിസ്ഥിതിയിലായി നാം ഇതുപോലെയാണ് ജീവൻ അനന്തത്തിനെ അൽപൽപം സ്പർശിക്കും ശരിക്കും അങ്ങോട്ട് ആ അനന്തത്തിലേക്ക് പിന്നെ തിരിച്ചു വരില്ല മഹാത്മാക്കൾ ആ സ്ഥിതിയിലാണ് അങ്ങടും ആവാം ഇങ്ങടും ആവാം എന്നുള്ള മട്ടിലാണ് ഭാവമുഖം ശ്രീശുഖബ്രഹ്മ മഹർഷിയോട് ഈ ഒരു വർഷത്തിന്റെ എന്തായി എന്ന് ചോദിച്ചതും ഭഗവാന്റെ മഹാവൈഭവത്തിനെ സ്മരിച്ചുകൊണ്ട് തത് സ്മാരിത അനന്തഹൃതാ അഖിലേന്ദ്രിയ ഉള്ളിലേക്ക് വലിച്ചു എന്നാണ് ഇന്ദ്രിയങ്ങളൊക്കെ ഉള്ളിലേക്ക് വലിച്ച് സമാധിസ്ഥിതിയിലിരുന്നു എന്നിട്ട് പരീക്ഷിച്ച് വളരെ നേരം കാത്തുകൊണ്ടിരിക്കുന്നു ശുഖാചാര്യ നിർവികൽപമായ സമാധിസ്ഥിതിയിലിരുന്നു പുനർ ബഹിർലബ്ധൃശിഹി വളരെ വിഷമിച്ച് ബാഹ്യദൃഷ്ടിയിലേക്ക് വന്നു എന്നാണ് വളരെ നേരത്തിന് ശേഷം വിഷമിച്ച് ബാഹ്യ ബഹിർമുഖനായി തീർന്ന് പ്രത്യാഹതം ഭാഗവതോത്തമോത്തമാ വളരെ വിഷമിച്ച ആ സ്വരൂപസ്ഥിതിയിൽ നിന്നും ചുവട്ടിലേക്ക് വന്ന് ബ്രഹ്മാവിനും ബ്രഹ്മ മോഹനത്തിനെ കുറിച്ച് പറയാണ് ബ്രഹ്മാവിന് കൃഷ്ണനെ കാണണം എന്നാഗ്രഹം ബ്രഹ്മാവിന് അഭിമാന അഹങ്കാരം എന്നൊന്നും പറയാൻ പറ്റില്ല എന്താന്ന് വെച്ചാൽ അവരൊക്കെ സാധാരണ ജ്ഞാനികൾക്കേ അഹങ്കാരം ഉണ്ടാവില്ല ബ്രഹ്മാവൊക്കെ ഭഗവാനിൽ നിന്നും ആദ്യമേ ജ്ഞാനം സ്വീകരിച്ച് ബ്രഹ്മാവിന് അഭിമാനം വല്ലതും വരുമോ ഭഗവാന്റെ ദിവ്യലീല കാണാനുള്ള കൊതിയില് ബ്രഹ്മാവ് ഒരു കളി കളിക്കണം എന്ന് വിചാരിച്ചു അപ്പൊ ബ്രഹ്മാവ് ആകാശത്തും നോക്കി വിഷ്ണു ഭഗവാൻ ഭൂമിയിൽ അവതരിച്ചിട്ടുണ്ട് എന്താ ചെയ്യണമെന്ന് നോക്കാം ഒക്കുമ്പോ കൃഷ്ണൻ ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ബർഹാ ബിഭ്രദ്ടയോ ശൃംഗവേത്രേ ചൂണേ പാണോ മസൃണകളം തദ് അംഗുലീഷ തിഷ്ടേ സ്വരിസുഹൃദോ ഹാസയ നമ്മഭി സ്വൈ സ്വർഗേ ലോകെ മിഷതി ബുഭുജേ യജ്ഞു ബാലിഹീടും ഇടുപ്പിൽ തിരികിയിട്ടുണ്ട് ശൃംഗവേ ചൂരൽ കക്ഷത്തിൽ വെച്ച് പുല്ലാങ്കുഴൽ ഇടുപ്പിൽ വെച്ച് കഴിക്കാൻ ഭക്ഷണം എന്തോ ഇടത് കയ്യിൽ വെച്ചിട്ടുണ്ട് ധൈര്യം ചോറോ മറ്റോ അച്ചാറെന്തോ വിരൽ രണ്ടു വിരലുകൾക്ക് നടുവിലായിട്ട് വെച്ചിട്ടുമുണ്ട് വാമേ പാണു മസിനകപളം തത്ഫലാനി അങ്കുലീഷും തിഷ്ടന്മദ്ധ്യേ സ്വപരിസുഹൃദ രണ്ടു കൂട്ടുകാരുടെ നടുവിൽ നിന്നുകൊണ്ട് ഒരാളുടെ കൈയിട്ട് ഡോ സീതാമാവേ തനിക്കറിയോ ആ തടിച്ച ഗോപി അയാളുടെ ഭർത്താവ് താടി നീട്ടി വളർത്തി അവരെ വീട്ടിൽ പോയപ്പോ എനിക്ക് വെണ്ണയെ തന്നില്ല എന്നെ ചീത്ത പറഞ്ഞു ഞാൻ എന്തു ചെയ്തു അറിയോ ഇന്നലെ രാത്രി ആ അമ്മാവിന്റെ താടിയും ഈ അമ്മയുടെ തലമുടിയും കൂടെ കൂട്ടിക്കെട്ടി രാവിലെ ആയപ്പോ അവര് വേദനിച്ച് നെല്ല് വിളിച്ച് തെരുവിലൂടെ ഈ ഗോപത്തെരുവിലൂടെ നടന്ന് നടന്ന് വീട്ടിൽ വന്ന് യശോദാമ്മയുടെ അടുത്ത് വന്ന് എന്നെ കുറിച്ച് കുറ്റം പറഞ്ഞു കൊടുക്ക യശോദാമ്മ പറഞ്ഞു അവനെന്തോ ചെയ്തു നിങ്ങൾ എന്തിനാ ഇത് അഴിച്ചിട്ട് ഇത്രയും ദൂരെ ഇത് ആടിയും നിലയും കൂടെ വലിച്ചോണ്ട് നടന്നാണ് അവർ പറഞ്ഞു ഇപ്പൊ പ്രശ്നം അഴിച്ചിട്ട് കിട്ടണില്ല അവൻ കെട്ടി കേട്ട് അവൻ തന്നെ അഴിക്കണം അവൻ കെട്ടിയിട്ടു ഞങ്ങളിപ്പഴിച്ചാൽ ഒന്നും കിട്ടണില്ല അഴിക്കാനാണ് ഇപ്പൊ വന്നിരിക്കണത് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഹാ സയ്യം നർമ്മീസ്വ ഈ തമാശ പറഞ്ഞു ഈ ഗോപന്മാരൊക്കെ ചിരിക്കണു ബ്രഹ്മാവ് നോക്കി അയ്യേ ഇതാണോ മഹാവിഷ്ണു അവിടെയൊക്കെ വൈകുണ്ഠത്തിലൊക്കെ പോകും പോയും പോയും പറയും ഇവിടെ ഈ ഗോപഭാലന്മാരുടെ തോളില് കൈ ഇട്ടിട്ട് ജയവിജയന്മാർ കാണാനേ സമ്മതിക്കില്ല ഇവിടെ ആകുമ്പോ ഈ ഗോപഭാഗന്മാർക്ക് സുലഭം തോളില് കൈ ഇട്ടിട്ട് ഈ കവളം വെച്ച് ഈ വർത്തമാനം പറഞ്ഞ് തമാശ പറഞ്ഞ് ഇവര് അപ്പൊ ഭഗവാന്റെ വൈഭവം കാണാനായിട്ട് ബ്രഹ്മാവ് എന്ത് ചെയ്തു ശരി നോക്കാം കൃഷ്ണാവതാരത്തിന്റെ വൈഭവം വീണ്ടും കുട്ടികളൊക്കെ കൂടെ കളിക്കാൻ പോയപ്പോ ബ്രഹ്മാവ് ഈ പശുക്കളെയൊക്കെ കൊണ്ടുപോയി ആദ്യം ഗോപാലന്മാരെയൊക്കെ ഒളിച്ചു വെച്ചു ഒരു ഗുഹയില് കുറച്ചു കഴിഞ്ഞ് പശുക്കളെ ഒളിച്ചു വെച്ചു കണ്ണൻ അന്വേഷിച്ച് നടന്നു പശുക്കളെയും കാണാനില്ല ഗോപാലന്മാരെയും കാണാനില്ല ആ ബ്രഹ്മാവിന്റെ അദ്ദേഹത്തിനും ഭഗവാന്റെ ലീല കാണനും ഭഗവാൻ തീരുമാനിച്ചു തന്റെ ഈശ്വരത്വം കാണിക്കുകയാണ് ഉഭയായുധമാത്മാനം ചക്രേ വിശ്വകൃതി ഈശ്വര താൻ തന്നെ ഇവിടെയും അവിടെയുമായിട്ട് തീർന്നു എന്നാണ് പൂർണ്ണമതഹ പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്ചതേ പൂർണ്ണ പൂർണ്ണമാതായ പൂർണ്ണമേവ അവശിഷതേ ഭഗവാൻ തന്നെ ഗോപപാലന്മാരൊക്കെ ആയിട്ട് തീർന്നു ഒരു വെളുത്ത ഗോപപാലനാണെങ്കിൽ വെളുത്തത് കുട്ടിയാണെങ്കിൽ കറുത്തത് തലയിൽ ഒരു മുണ്ട് കെട്ടിയിട്ടുണ്ടെങ്കിൽ ആ മുണ്ട് കക്ഷത്തിൽ ഒരു ചൂരൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചൂരൽ ആ ചൂരലിന് എത്ര നീളമുണ്ടോ അത്രയും നീളം വർത്തമാനം പറയുമ്പോൾ ഒത്തിരി വെക്കുണ്ടെങ്കിൽ വെക്ക് പശു കുട്ടി ചുവന്ന പശുക്കുട്ടി ആണെങ്കിൽ പശുക്കുട്ടി വെളുത്ത പശുക്കുട്ടി ആണെങ്കിൽ വെളുത്ത പശുക്കുട്ടി കറുത്ത പശുക്കുട്ടിയാണെങ്കിൽ കറുത്ത പശുക്കുട്ടി എല്ലാം താൻ തന്നെ ആയിത്തീർന്ന് അതെങ്ങനെ ആയിത്തീർന്നു എന്ന് വെച്ചാൽ സ്വപ്നത്തിൽ തന്നെ പോലെയാണ് സ്വപ്നത്തിൽ നമ്മൾ ആ ഉണ്ടല്ലോ ഇപ്പൊ ഞാൻ സ്വപ്നം കാണുകയാണെങ്കിൽ നിങ്ങൾ ഓരോരുത്തരെയും സ്വപ്നത്തിൽ കാണാം കറുത്ത വസ്ത്രം കൊടുത്തവര് വെളുത്ത വസ്ത്രം കൊടുത്തവര് മഞ്ഞ വസ്ത്രം എടുത്തവര് ഓരോ രീതിയിൽ നിങ്ങളൊക്കെ ആയിട്ട് ഞാൻ തന്നെ ഇരിക്കും ഞാനല്ലാതെ വേറൊരു സാമഗ്രി ഇല്ലല്ലോ സ്വപ്നത്തിൽ ഞാൻ തന്നെ സാമഗ്രി ഇവിടെ ഇരുന്ന് ഞാൻ പ്രഭാഷണം ചെയ്യും അവിടെ നിങ്ങൾ ഓരോരുത്തരുമായിട്ട് ഞാൻ ഇരിക്കും ഒരാളായിട്ട് താടിക്ക് കൈവച്ചിരിക്കും ഒരാളായിട്ട് മുട്ടില് കൈവെച്ചിരിക്കും താടി വളർത്തിയിരിക്കും ചിരിക്കും ഗൗരവമായിട്ടിരിക്കും എല്ലാം ഞാൻ തന്നെ ഈ തൂണ് ഇവിടുത്തെ മൈക്ക് പുസ്തകം എല്ലാം ഞാൻ തന്നെ എന്നിട്ട് ഇവിടെ ഞാൻ പറയും അവിടെ ഇരുന്ന് ഞാൻ കേൾക്കും എന്നിട്ട് കേൾക്കുന്ന നിങ്ങളെയും പറയുന്ന എന്നെയും കണ്ടുകൊണ്ടിരിക്കും സ്വപ്നത്തിൽ ഇത്രയും ഉണ്ട് സൃഷ്ടിയുടെ രഹസ്യം മുഴുവൻ അവിടെ ഉണ്ട് ഇതേപോലെ ഭഗവാൻ ഓരോ ഗോപനും താനായിട്ട് തീർന്നു ഓരോ പശു താനായിട്ട് തീർന്നു ആ ഗോപന്റെ കയ്യിലുള്ള കോല് പുല്ലാംകുഴൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ താനായിട്ട് തീർന്നു എന്നിട്ട് അതാത് വീട്ടിൽ ചെന്ന് അതാത് പശു തൊഴുത്തിൽ കൊണ്ടുപോയി അതാത് പശു കെട്ടി എന്നിട്ട് അതാത് അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും പോയി അങ്ങനെ ഒരു വർഷം എന്താ ഇപ്പോ ഒരു വർഷം എന്ന് വെച്ചാൽ ഊർധ്വലോകങ്ങളിൽ പോകും തോറും കാലവ്യത്യാസം ബ്രഹ്മാവിന് നമ്മളുടെ ഒരു വർഷം എന്ന് പറയുന്നത് സെക്കൻഡേ ഉള്ളൂ ഒരു സെക്കൻഡ് നേരെയുള്ളൂ അദ്ദേഹത്തിന് പക്ഷെ നമുക്കത് ഒരു വർഷമായി ആനന്ദം കൂടും ടൈം കുറയും ബ്രഹ്മാവിന് അനന്തമായ കാലം പെട്ടെന്ന് പോകും നമുക്ക് അല്പമായ കാലം ദീർഘിച്ചു നിൽക്കും ബ്രഹ്മാവ് അവിടുന്ന് കുറച്ചു നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ എല്ലാം പഴയ പോലെ നടക്കുന്നു ഇവിടെ ഒരു വർഷമായി കഴിഞ്ഞു ബലരാമസ്വാമിക്ക് ഒരു വർഷം കഴിയാറാവുമ്പോഴാണ് അല്പം ഒന്ന് തോന്നിയത് എന്തോ വ്യത്യാസമുണ്ട് എല്ലാ അതാത് ഗോപന്മാർക്ക് അവരവരുടെ മക്കളോട് വളരെ പ്രിയം പശുവിന് കിടാവിനോട് അങ്ങനെ ഒരു വാത്സല്യം അപൂർവം പ്രേമവർദ്ധത്തെ എന്തോ പ്രേമം കാണുന്നു ആശ്ചര്യത്തോടെ നോക്കി സർവം വിഷ്ണുമയം ഗിരോംഗവതജ സർവസ്വരൂപോ ഭവോ എല്ലാം വിഷ്ണുസ്വരൂപം ബ്രഹ്മാവ് കുറച്ചു നേരം കഴിഞ്ഞു ഒന്ന് നോക്കിയാൽ എല്ലാ പഴയപോലെ നടക്കണം ഗുഹയിൽ നോക്കിയാൽ അവിടെയുണ്ട് ഇതിൽ ഏതാ ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഭഗവാൻ ഉണ്ടാക്കിയത് ഒറിജിനല്ലോ ബ്രഹ്മാവ് ഉണ്ടാക്കിയത് ഒറിജിനല്ലോ ഗുഹയിലും ഉണ്ട് പുറത്തും ഉണ്ട് എല്ലാ അതേപോലെ നടക്കണു കാര്യങ്ങളൊക്കെ ബ്രഹ്മാവ് തന്റെ സ്ഥാനം വിട്ട് ചോട്ടിൽ ഇറങ്ങി വന്നു വീണ് നമസ്കരിച്ചു നൗ വീഡ്യം വന്യസ്രജേ കണ വേണുലക്ഷ്മശ്രീയെ മൃദുപദേ പശുപങ്കജായ പശുപാലന നമസ്കാരം ശ്യാമനായി പീതാംബരായി വലമാ വനമാല ധരിച്ചുകൊണ്ട് പുല്ലാങ്കുഴലൂരി സത്യാത്മ പ്രാണാരാമം ആനന്ദം ആകാശമേ ശരീരം ഭഗവാൻ ആകാശത്തിൽ ഇടിമിന്നൽ ഉണ്ടാവുമ്പോ പീതാംബരം കണ്ണന്റെ പീതാംബരം അഭ്രപഭുഷേ തടിതംബരായ ബ്രഹ്മാവിന്റെ സ്തുതി ബൃഹത്തായ സ്തുതി പറയുന്നു ഈ ഭഗവാന്റെ ഈ ദിവ്യവൈഭവത്തിനെ ആർക്കറിയാം ജാനന്തയേവ ജാനന്തു അറിയുന്നവരറിയെ എത്രയോ പറയാം ഇപ്പോ എപ്പൊ കൃഷ്ണൻ നമുക്ക് സ്വന്തമായോ എപ്പൊ നമ്മൾ കൃഷ്ണന് സ്വന്തമായോ അതോടുകൂടെ രാഗം ദ്വേഷമൊക്കെ പോയി അതുവരെ ഭക്തി വരുന്നവര് ഭഗവാനെ ആശ്രയിക്കുന്നവര് താവത് രാഗാതയേനാഹ താവാഗൃം ഗൃഹം താവൻ മോഹോ അങ്ക്രി നികടോ യാവത് കൃഷ്ണ നതേതനാഹ താവത് രാഗദ്വേഷാദി കള്ളന്മാര് അത്രകാലം നമ്മൾ ഉപദ്രവിക്കും എത്രകാലം നമ്മൾ കൃഷ്ണന്റേതാവുന്നവരെ ാഗൃഹം ഗൃഹം വീട് കാരാഗൃഹമായിട്ടിരിക്കും ജയിലായിട്ടിരിക്കും എത്ര കാലം നമ്മൾ ഭഗവാന്റെതാകുന്നവരെ നമ്മളുടെ ചുമതല ഭഗവാന്റെ ചുമതല ആകുന്നവര് ശരണാഗതി ചെയ്യുന്നവരെ താവൻ മോഹോ അങ്കരി മോഹം കാലുകെട്ടിയ ചങ്ങല പോലെ നമ്മൾക്ക് വിഷമം ഉണ്ടാക്കും നമ്മൾ ഭഗവാന് ശരണാഗതി ചെയ്യുന്നവരെ യാവത് കൃഷ്ണൻ അതേ ജനാഹ അഹോഭാഗ്യം അഹോഭാഗ്യം എന്മിത്രം പരമാനന്ദം പൂർണ്ണം ബ്രഹ്മസനാതനം ഈ നന്ദഗോപനും വ്രജഭൂമിയിലുള്ള ഈ ഗോപന്മാരും ഗോപികകളും ഈ പശുക്കളുമൊക്കെ എന്തു ഭാഗ്യം ചെയ്തു എല്ലാവർക്കും കൃഷ്ണൻ സ്വന്തം പൂർണ്ണം ബ്രഹ്മസനാതനം പൂർണ്ണമായ ബ്രഹ്മം ഇവർക്ക് സ്വന്തമായി മൂർത്തരൂപത്തിൽ ഇവരുടെ കൂടെ വസിക്കുന്നു എന്തൊരു ഭാഗ്യം എന്ന് പറഞ്ഞ് ബ്രഹ്മാവ് ഭഗവാനെ നമസ്കരിച്ച് ശ്രീകൃഷ്ണ വൃഷ്ടികുല പുഷ്കരോഷായിൻ ക്ഷൂധതി വൃദ്ധിക്കാരിൻ ഉദ്ധർമ്മരക്ഷിതിരാക്ഷകൽപ്പർക്കമർഹൻ ഭഗവേ അങ്ങനെ ബ്രഹ്മസ്തുതി അടുത്തത് ഭഗവാന്റെ കാളിയ മോക്ഷം മുതലായിട്ടുള്ള ദിവ്യലീലകളൊക്കെ വരുന്നു